ം നാൽപ്പത്തി ഒൻപത് അമൂന്യരെക്കുറിച്ചുള്ള അരുളപ്പാട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇസ്രയേലിന് പുത്രന്മാരില്ലയോ അവന് അവകാശിയില്ലയോ പിന്നെ മൽക്കോം ഗാദിനെ കൈവശമാക്കി അവന്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നത് എന്ത് ആകയാൽ ഞാൻ അമൂന്യരുടെ രബ്ബയിൽ യുദ്ധത്തിന്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും അതിന്റെ പുത്രി നഗരങ്ങളും തീ വെന്തുപോകും ഇസ്രയേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു ഹെസ്ബോനെ മുറയിടുക ഹായി ശൂന്യമായി പോയിരിക്കുന്നുവല്ലോ രപ്പയുടെ പുത്രി നഗരങ്ങളെ നിലവിളിപ്പീൻ രട്ടുടുത്തു കൊൾവീൻ വിലപിച്ചുകൊണ്ട് വേലികൾക്കരികെ ഉഴന്നു നടപ്പീൻ മൽക്കോമും അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം പ്രവാസത്തിലേക്ക് പോകും ആർ എന്റെ നേരെ വരും എന്നു പറഞ്ഞ് തന്റെ ഭണ്ണാരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗിനിയായ പുത്രി താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നതെന്തിന് നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു ഇതാ നിന്റെ ചുറ്റുമുള്ള എല്ലാവരും ഞാൻ നിനക്ക് ഭയം വരുത്തുമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ചൊവ്വിന് ചിതറിപ്പോകും ഉഴന്നു നടക്കുന്നവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമുണ്ടാകയില്ല എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഏതോമിനെക്കുറിച്ചുള്ള അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു പേമാനിൽ ഇനി ജ്ഞാനമില്ലയോ ആലോചന വിവേകികളെ വിട്ട് നശിച്ചുപോയോ അവരുടെ ജ്ഞാനം ക്ഷയിച്ചുപോയോ ദദാൻ നിവാസികളെ ഓടിപ്പോകുവിൻ പിന്തിരിഞ്ഞ് കുഴികളിൽ പാർത്തുകൊള്ളുവീൻ ഞാൻ യേശാവിന്റെ ആപത്ത് അവന്റെ ദർശനകാലം തന്നെ അവനു വരുത്തും മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ കാലാപറിപ്പാൻ ചിലത് ശേഷിപ്പിക്കയില്ലയോ രാത്രിയിൽ കള്ളന്മാർ വന്നാൽ തങ്ങൾക്ക് മതിയാകുവോളം മാത്രമല്ലോ നശിപ്പിക്കുന്നത് എന്നാൽ യേശാവിനെ ഞാൻ നഗ്നമാക്കി അവന്റെ ഗൂഢസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു അവന് ഒളിച്ചുകൊള്ളുവാൻ കഴിയയില്ല അവന്റെ സന്തതിയും സഹോദരന്മാരും അയൽക്കാരും നശിച്ചുപോയി അവനും ഇല്ലാതെ ആയിരിക്കുന്നു നിന്റെ അനാഥന്മാരെ ഉപേക്ഷിക്ക ഞാൻ അവരെ ജീവനോടെ രക്ഷിക്കും നിന്റെ വിധവമാർ എന്നിൽ ആശ്രയിക്കട്ടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു പാനപാത്രം കുടിപ്പാൻ അർഹതയില്ലാത്തവർ കുടിക്കേണ്ടി വന്നു പിന്നെ നിനക്ക് ശിക്ഷ വരാതെ നിനക്ക് ശിക്ഷ വരാതെ പോകയില്ല നീയും കുടിക്കേണ്ടി വരും ബൊസ്ര സ്തംഭനവും നിന്നയും ശൂന്യവും ശാപവുമായി ഭവിക്കും അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരുമെന്ന് ഞാൻ എന്നെ കൊണ്ടുതന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോബയുടെ അരുളപ്പാട് നിങ്ങൾ ഒരുമിച്ചുകൂടി അതിന്റെ നേരെ ചെല്ലുവീൻ യുദ്ധത്തിനായി എഴുന്നേൽപ്പീൻ എന്നിങ്ങനെ വിളിച്ചു ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയെങ്കിൽ നിന്ന് കിട്ടു ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്നിതനും ആക്കും പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കുമെന്ന് യഹോവയുടെ അരിലപ്പാട് ഏതോ സ്തംഭനവിഷയമായി തീരും അതിനരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകലബാധകളും നിമിത്തം ചൂളകുത്തും സോതോമിന്റെയും ഗോമോരയുടെയും അവയുടെ അയൽപട്ടണങ്ങളുടെയും ഉന്മൂലനാശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹമെന്നപോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു ഞാൻ അവരെ പെട്ടെന്ന് നിന്ന് ഓടിച്ചു ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും എനിക്ക് സമനായവൻ ആർ എനിക്ക് നേരം കുറിക്കുന്നവൻ ആർ എന്റെ മുമ്പാകെ നിൽക്കാകുന്ന ഇടയൻ ആർ അതുകൊണ്ട് യഹോവ ഏതോമിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാൻ നിവാസികളെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പീൻ ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ട് പോകും അവനവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കും അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഭൂമി നടുങ്ങുന്നു ഒരു നിലവിളി അതിന്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു അവൻ കഴുകനെപ്പോലെ പൊങ്ങി പറന്നുവന്ന് ബൊസ്രയുടെ മേൽ ചിറക് വിടർക്കും അന്നാളിൽ ഏതോ മില്ലെ വീരന്മാരുടെ ഹൃദയം നോവുകിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെ ആകും ഡമ്മശിക്കിനെ കുറിച്ചുള്ള അരുളപ്പാട് ഹമാർപ്പാതും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു കടൽ വരെ ദുഃഖം വ്യാപരിച്ചിരിക്കുന്നു അതിന് അടങ്ങിയിരിക്കാൻ കഴിവില്ല ദമ്മേശക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു നോവുകിട്ടിയ സ്ത്രീക്ക് എന്ന പോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു കീർത്തിയുള്ള പട്ടണം എന്റെ ആനന്ദപുരം ഉപേക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിന്റെ വീഥികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അന്ന് നശിച്ചുപോകുകയും ചെയ്യും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ഞാൻ ദമ്മേശിന്റെ മതിലുകൾക്ക് തീവും അത് ബെൻഹദദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ബാബേൽ രാജാവായ നബൂഗദനേസർ ജയിച്ചടക്കിയ കേദാരിനെയും ഹസോർ രാജ്യങ്ങളെയും അരുളപ്പാട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾ പുറപ്പെട്ട് കേദാരിൽ ചെന്ന് കിഴക്കരെ നശിപ്പിച്ചുകളവിൻ അവരുടെ കൂടാരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവർ അപഹരിക്കും അവരുടെ തിരശീലകളെയും സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെയും അവർ കൊണ്ടുപോകും സർവത്ര ഭീതിയെന്ന് അവർ അവരോട് വിളിച്ചുപറയും ഹാസോർ നിവാസികളെ ഓടിപ്പോകുവിൻ അതിദൂരത്ത് ചെന്ന് കുഴിയിൽ പാർത്തുകൊള്ളുവീനെന്ന് യഹോവയുടെ അരുളപ്പാട് ബാബേൽ രാജാവായ നബുഗദനെ സർ നിങ്ങളെക്കുറിച്ച് ഒരു ആലോചന ആലോചിച്ച് ഒരു നിരൂപണം നിരൂപിച്ചിരിക്കുന്നു വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ തനിച്ചു പാർക്കുന്നവരും സ്വൈര്യവും നിർഭയവുമായി വസിക്കുന്നവരുമായ ജാതിയുടെ അടുക്കൽ പുറപ്പെട്ടു ചെല്ലുവിനെന്ന് യഹോവയുടെ അരിലപ്പാട് അവരുടെ ഒട്ടകങ്ങൾ കവർച്ചയും അവരുടെ കന്നുകാലിക്കൂട്ടങ്ങൾ കൊള്ളയുമായി തീരും കലയുടെ അരികുവടിച്ചവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിന്തിച്ചു നാലു നാലു പുറത്തുനിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട് ഹാസോർ കുറുനറികളുടെ പാർപ്പിടവും നിത്യശൂന്യവും ആയിത്തീരും ആരുമവിടെ പാർക്കയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കുകയുമില്ല യഹൂദരാജാവായ സിതയ്ക്കിയവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ ഏലാമിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ നാലു നിന്നും നാല് കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല ഞാൻ ഏലാം മേരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും ഞാൻ അവർക്ക് അനർത്ഥം എന്റെ ഉഗ്രകോപം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിന്നാലെ വാളയച്ച് അവരെ മുടിച്ചുകളയും ഞാൻ എന്റെ സിംഹാസനത്തെ ിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയുമെന്ന് യഹോബയുടെ അരുളപ്പാട് എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിന്റെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരുളപ്പാട്